ഇതിരിതരഭാവം താതാത്മ്യം സംഭവിക്കത്തില്ല രണ്ടും തമ്മില് സംസർഗം ഉണ്ടാവത്തില്ല ചിതാത്മാ ഞാനെന്നുള്ള വിഷ്ണുപ്രസ്യ ഇത് എന്നുള്ള ബോധത്തിന് വിഷയമായിരിക്കുന്ന ശരീരവും തദ്ധർമാണാം അവയുടെ ധർമ്മങ്ങളും തമ്മിലുള്ള അധ്യാസം എന്താണ് വിടെ തീർന്നില്ല അഭ്യാസവും നടത്തും തദ്വിപരീണ അതിന് വിപരീതമായി നാണ് അതിനു വിപരീയെന്ന് വെച്ചാൽ അങ്ങനെയിരിക്കുന്ന ജഡമായിരിക്കുന്ന ആ ശരീരം അതിന് വിപരീതമായ എന്താണ് വിഷയിണ ചിതാത്മാവിന്റെയും ത ധർമാണാഞ്ച അതിന്റെ ധർമ്മങ്ങളുടെയും അതായത് ആദ്യം ഇവിടെ എന്താണ് വിഷയ ത ധർമാണാഞ്ച എന്ന് പറഞ്ഞു വിഷയത്തിന്റെയും അവയുടെ ധർമ്മങ്ങളുടെയും സംഭവിക്കണം വിഷയില് സംഭവിക്കണം ചിതാത്മാ തദ്വിപരീണ അതിന് വിപരീതമായ അതാണ് വിഷയി അതിനു വിവരീന്ന് വെച്ചാൽ ആ ജഡത്തിന് വിപരീതമായിരിക്കുന്ന വിഷയി ചൈതന്യവും അതിന്റെ ധർമ്മങ്ങളും വിഷയം വിഷയത്തിലധ്യാസം വിധ്യത്വം യുക്തം ഇത് അധ്യാസം മിഥ്യാ ശബ്ദത്തിന് രണ്ടർഥല്ല എന്നുള്ള അർത്ഥം മറ്റൊന്ന് അന്തർവചനീയം എന്നുള്ള അർത്ഥം ഇവിടെ ഇല്ല എന്നുള്ള അർത്ഥമാണ് ഈ മിഥ്യ എന്ന് കേൾക്കുമ്പോ സാറിന്റെ മിഥ്യ എന്നുള്ള അർത്ഥം എടുക്കും പ്രപഞ്ചം മിഥ്യാർത്ഥ ഇവിടെ ഇവിടെ മിഥ്യ എന്ന് പറഞ്ഞ എന്താർത്ഥം ന എന്നുള്ള പൂർവക്ഷം എന്ന് മനസ്സിലാക്കണമെങ്കിൽ മിഥ്യയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം മനസിലായേ ബാലകൃഷ്ണൻ നാ സാറിന്റെ ബ്രഹ്മസൂത്രം ഉണ്ട് ആരെയും കയ്യിൽ ആ അവിടെ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് മിഥ്യ എന്ന് പറയുന്നേ നല്ല അർത്ഥം മിഥേന്ദി എന്നെ പറഞ്ഞു അവിടെ കുഴപ്പം വന്നിട്ടുണ്ട് ഇത്രയായി പൂർവക്ഷം അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തഥാപി അപ്പൊ ആദ്യം എദ്യ വി ചേർക്കണം അതിനകത്ത് വേറൊരു പ്രശ്നം ഉണ്ട് സാറിന് പഴയ കാലത്ത് ആൾക്കാർ പുസ്തകങ്ങൾ എഴുതുമ്പം അതിന്റെ തുടക്കത്തിൽ ഒരു മംഗളാചരണം നടത്തും സാധാരണ ഒരു പതിവാണ് ഏത് ഗ്രന്ഥം എഴുതിയാലും തുടക്കത്തിൽ എന്ത് വരും മംഗളാചരണം നടത്തും പക്ഷേ ശങ്കരാചാര്യ മംഗളാചരണം ഇവിടെ നടത്തിയിട്ടില്ല എന്തുകൊണ്ട് നടത്തിയിട്ടില്ല പല പല പല പല സമാധാനങ്ങളാണ് പറയുന്നത് വിഷ്മത് അസ്മത് എന്നൊക്കെ പറയുമ്പം തന്നെ അത് തന്നെ മംഗളമാണ് വേറെ പ്രത്യേകിച്ച് ഒരു മംഗളാചരണത്തിന്റെ ആവശ്യമൊന്നും ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ചല്ലേ പറയുന്നു അപ്പൊ അതൊക്കെ തന്നെ മംഗളം വേറെ മംഗളം വേണ്ട ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും ശങ്കരായാലും പലയിടത്തും എന്താണ് മംഗളം ഉപനിഷത്ത് ഭാഷയത്തിൽ മിക്കവാറും ഒരിടത്തും തന്നെ കൃത്യമായൊരു മംഗളാചരണമെന്നും എഴുതിയിട്ടുണ്ട് പിന്നെ ഏതോ അടുത്ത ഒരു മംഗളാചരണം കാണുന്നുണ്ട് അത് മറ്റാരും എഴുതി ചേർത്തെന്ന് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ മംഗളം വളരെ പ്രാചീനമായ ഗ്രന്ഥങ്ങളിൽ വരെ മംഗളാചരണമുണ്ട് പക്ഷെ ശങ്കരായ മംഗളാചരണം പറയുന്ന ഒരു പരിപാടിക്ക് പോയി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം ഒരു പ്രാർത്ഥന നടത്തുക ഒരു ഗണപതി ഹോമം നടത്തുക ഒരു പൂജ നടത്തുക ഒക്കെ ചെയ്യുന്ന മംഗളാചരണമാണ് പശാപ്പണി ശങ്കരാചാര്യ പിന്നിവിടെ തഥാപിന്ന് തുടങ്ങുന്നോണ്ട് ആദ്യ ഇദ്യബിന്ന് ചേർക്കേണ്ടാണ് ചേർത്തിട്ടുണ്ട് നമ്മൾ ചേർത്തോളണം ഇനി സിദ്ധാന്തമാണ് പറയുന്നു തഥാപി അന്യോന്യസ്മിൻ അന്യൂന്യാത്മകതാഅന്യൂന്യധർമാം അധ്യസ്യ ഇതരെ ഇതര അവിവേകേന അത്യന്തവിതർമോ മിഥ്യജ്ഞാനമൃമിഥം മമേദമതി നൈസർഗിക് ലോകവ്യവഹാര അതായത് ഇവിടെ പറയുന്ന മിഥിനീകൃത്യ പിന്നെ വ്യവഹാരം അങ്ങനെ അധ്യസിച്ചിട്ട് മിഥുനീകരിച്ചിട്ട് രണ്ടെണ്ണം ഒന്നായി ചേരുന്നതിനാണ് മിഥുനീകരണം എന്ന് പറയുന്നത് വേഗാനത്തിൽ പറയും മിഥുനീകരണം എന്ന് പറഞ്ഞാലും അധ്യാസം തന്നെ അത് എന്ത് സംഭവിക്കുന്നത് വ്യവഹാരം നടക്കുന്നത് അതായത് ആത്മാവെന്നും അനാത്മാവെന്നും രണ്ടു വസ്തുക്കൾ അപ്പോ ഇത് രണ്ടും തമ്മില് എന്തു ചെയ്യുന്നു ഒരു അധ്യാസം എന്ന് പറയുന്ന ഒരു താതാത്മ്യം സംഭവിക്കുന്നു എങ്ങനെ തന്നെ തഥാപി അന്യൂന്യസ്മിൻ അന്യോന്യാത്മകഥ അന്യൂന്യധർമാം ചന്യൂന്യസ്മിൻ അന്യോന്യം എന്ന് പറഞ്ഞാൽ എന്താണ് ചിതാത്മാവിനും ശരീരത്തിനും ഈ രണ്ടെണ്ണത്തിനും അന്യോന്യസ്മിൻ എന്നുവെച്ചാൽ ഈ രണ്ടെണ്ണത്തിനും അതായത് ചിതാത്മാവിനും ശരീരത്തിനും അന്യോന്യാത്മകത പരസ്പരം താദാത്മ്യം വരുന്നു ചിതാത്മാവിനും ശരീരത്തിനും പരസ്പരം താത്മ വരുന്നു പിന്നെ അന്യൂന്യധർമാ ഇവയുടെ ധർമ്മങ്ങൾക്കും താധാന്യം വരുന്നു ഇവിടെ ഇങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞു പോയ ഒരു ഒഴുക്കം പറഞ്ഞു പോയെങ്കിലും വ്യാഖ്യാതാക്കൾ ഇതിൽ ആപത്ത് കണ്ടെത്തുന്നുണ്ട് അതായത് അധ്യാസം എന്താണെന്ന് നേരത്തെ പറഞ്ഞു അധ്യാസം എന്ന് പറഞ്ഞാൽ ശക്തിയിൽ രഹിതജ്ഞാനം അതാണ് അധ്യാസത്തിനുദാഹരണം അതാണ് സംഭവിക്കുന്നത് ശുദ്ധിയെ രചതമെന്നറിയുക ശരീരത്തെ ഞാൻ എന്നറിയുക ഞാൻ അത് ശരീരമെന്നറിയുക ഇതാണ് സംഭവിക്കുന്നത് ശരീരത്തിൽ ഞാൻ എന്നറിയുക ഞാൻ ശരീരത്തിൽ എന്നറിയുക ഇപ്പൊ ഇങ്ങനെ രണ്ടെന്ന് മൂന്നുണ്ടല്ലോ വെച്ചാൽ നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ എന്താണ് ഞാനെന്ന് ശരീരത്തെ പറയുന്നു എന്റെ ശരീരം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ വേറെ എന്നൊരു തോന്നൽ നോക്കുന്നുണ്ടാവുന്നുണ്ട് ശരീരത്തിൽ നിന്ന് വേറിട്ട് ആരോ ആണ് ഞാൻ കാരണം എന്റെ പശു എന്റെ വീടെന്നൊക്കെ പറയുമ്പോ വരുന്നു എന്ന വീടും പശു ഒക്കെ എന്റെ ശരീരം പറയുമ്പോൾ ഞാൻ വേറെയാണെന്നൊരു തോന്നൽ വരുന്നു ശരീരം അങ്ങനെ ഒരു അനുഭവം നോക്കി വരുന്നുണ്ട് ഞാൻ പക്ഷെ അതിനോട് ചേർത്ത് ഞാൻ എന്തു പറയും ഞാൻ തടിച്ചവനാണ് എന്ന് പറയുമ്പോ എന്തുവരുന്നു ഞാനിൽ ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന എന്നിൽ എന്തു വരുന്നു ില് വരുന്നു അങ്ങനെ ഞാനോട് പലതിനേയും കൂട്ടിച്ചേർ അപ്പ അതൊക്കെ എന്തു പറയും ഞാനെന്ന് പറയുന്ന ചിതാത്മാവാണ് അവിടെ ഇതൊക്കെ ആരോപിക്കണം എന്ന് പറയും മനസിലായോ അപ്പൊ ഇത് ആരോപിക്കുന്നതുകൊണ്ട് ശരീരത്തില് ശരീരം ഉൾപ്പെടെ ഇതിനെല്ലാത്തിനേയും ചിതാത്മാവിൽ ആരോപിക്കുന്നതുകൊണ്ട് ആരോപിച്ച ഇതൊക്കെ എന്താവും എന്താ ആരോപിച്ച മിഥ്യയാവും ആരോപിച്ച സത്യമാവും എന്തിനാ ആരോപിക്കുന്നു രജീവൽ എന്തിനാ എന്തു ചെയ്യുന്നു സർപ്പത്തെ ആരോപിക്കുന്നു അപ്പൊ സർപ്പം എന്തായി അങ്ങനെയാണെങ്കിൽ തന്നിൽ എന്ത ചെയ്യുന്നു ആരോപിച്ചു ആരോപിക്കുന്നത് മിഥ്യ ശരീരവും മിഥ്യവും ശരീര ധർമ്മങ്ങളും ആ അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നും പക്ഷെ വേറെ പ്രശ്നം വരും എന്താണ് അന്യോന്യസ്മിൻ എങ്ങനെയാണോ ശരീരത്തെ ആത്മാവിൽ ആരോപിച്ചുമ്പോ അത് മിഥ്യയാകുന്നത് അതുപോലെ തിരിച്ച ആത്മാവിനെ ശരീരത്തിൽ ആരോപിച്ചാൽ എന്ത് വരും മിഥ്യായി ആത്മാവ് എന്തിനാണോ ആരോപിക്കുന്നത് മിഥ്യയാവും രജു സർപ്പത്തെ ആരോപിച്ചാൽ എന്ത് വരും സർപ്പം ിത്യവും അപ്പൊ രുജു സത്യമാവും അപ്പോ ആത്മാവിനെ അന്യോന്യസ്മിൻ പരസ്പരം ആരോപിക്കുന്നു ആത്മാവിനെ ശരീരത്തിൽ ആരോപിച്ചാൽ സംഭവിക്കും ആത്മാവ് ആവും പിന്നെ സത്യമാവും എന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന അന്യുന്യസ്മിൻ എന്തുകൊണ്ട് എഴുതി വെച്ചത് എന്തുകയുന്നത് ശരീരത്തെ ശരീരധർമ്മങ്ങളെല്ലാം സ്വരൂപേണ അധ്യസിക്കുന്നു അതിനെ തന്നെ ആത്മാവിനെ അധ്യസിക്കുന്നു ആരോപിക്കുന്നു രജ്ജു സർപ്പത്തെ അധ്യസിക്കുന്നുണ്ട് അതൊക്കെ മിഥ്യയായിരുന്നു പക്ഷെ ആത്മാവിനെ ശരീരത്തിൽ അധ്യസിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ആത്മാവിനെ ആരോപിക്കുകയല്ലേ ആത്മാവ് അധിഷ്ഠാനമാണ് പിന്നെ എന്താണ് ശരീരവുമായിട്ടുള്ള സംസർഗം എന്ന് വെച്ചാൽ സംബന്ധം അത്ര ധർമ്മി എന്ന് പറയുന്നവിടെ രണ്ടെണ്ണമാണ് ഏതൊക്കെയാണ് ശരീരവും ആത്മാവും ഇത് പരസ്പരം അന്വയിക്കുന്നു പറഞ്ഞാലും ധർമ്മിയാകുന്ന ശരീരവും ശരീരധർമ്മങ്ങളും എല്ലാം ആത്മാവിനെ അധ്യസിക്കുന്നു ശരിയെന്നാണ് ആരോപിക്കുന്നു അതുകൊണ്ട് അതെല്ലാം മിഥ്യാണ് പക്ഷെ തിരിച്ച് അന്യോന്യസ്മിൻന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആത്മാവിനെ ശരീരത്തിൽ അധ്യസിക്കുന്നില്ല അങ്ങനെ അധ്യസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് മിഥ്യയാകും പക്ഷെ ഭാഷകാരൻ എന്തു ചെയ്തു വണ്ടിക്കാള പോകുമ്പോൾ അങ്ങ് അവിടെ അന്യോന്യസ്മിന് അധ്യസിക്കുന്നു എഴുതി ചോദിച്ചു വ്യാഖ്യാതാക്കളെ കണ്ടുപിടിച്ചു ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ആത്മാവിന്റെ സംസർഗം സംബന്ധം അത് ശരീരത്തിൽ ആരോപിച്ചു മനസ്സിലായ ആത്മാവിനെ ശരീരത്തിൽ അധ്യസിക്കുന്നു അപ്പൊ തുടക്കത്തെ തന്നെ ഭാഷത്തിൽ ഒരു അവ്യക്തതയുണ്ട് അതൊക്കെ വ്യാഖ്യാതാക്കൾ കണ്ടുപിടിച്ച് പറയുന്നതാണ് പിന്നെ ആത്മ ധർമ്മത്തെ ചൈതന്യത്തെ എന്താണ് ഉറങ്ങിയ ആത്മധർമ്മത്തെ ശരീരത്തിൽ അധ്യസിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്തുകൊണ്ട് ആത്മാവിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് അത് ഉപാധികൾ കൊണ്ട് വരുന്നതാണ് അതാണ് ചൈതന്യം ചൈതന്യം ശരീരത്തിൽ വരുന്നെന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ചൈതന്യം സത്യമുണ്ട് എന്തുകൊണ്ട് ആത്മാവാണ് സത്യം അവിടെ പ്രശ്നമുണ്ട് ശരീരത്തിൽ ചൈതന്യം വരുന്നത് എന്താണ് പറയുന്നത് സത്യമുണ്ട് കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ ശരീരത്തിൽ ആത്മാവിന്റെ ധർമ്മം എന്തെങ്കിലും ഉപാധി കൊണ്ടെന്ത് വരും അതിന് ധർമ്മത്തെ കല്പിക്കും ആകാശം എന്ന് പറയുന്ന എന്താണ് അത് പ്രത്യേകിച്ച് അത് വിഭുവാണ് എങ്കിലും ഒരു കുടത്തിന്റെ അകത്തെ ആകാശം എന്ന് പറയുന്നു അല്ലേ ആദിത്യൻ ആകാശത്തിലാണെങ്കിലും വെള്ളത്തിലെന്ത് പറയുന്നു ആദിത്യൻ പറയുന്നു അല്ലെങ്കിൽ അടുത്ത് ചെമ്പരത്തിപ്പൂരിക്കുന്നു അപ്പോ എന്തോ ചെമ്പരത്തിപ്പൂവിന്റെ നിറം എവിടെ വരുന്നു പടികത്തി വരുന്നു അതുപോലെയൊക്കെ എന്തുവരാം ആത്മധർമ്മം ശരീരത്തിൽ വരാം ധർമ്മം ഇല്ലെങ്കിലും ഉപാധി എന്തൊക്കെ പോലെയുള്ള ഉപാധികളുണ്ടെന്നൊരു ചൈതന്യം ഉദ്ദേശിക്കാം ിക്കാം അത് സത്യമല്ല ശരീരത്തിലെ ഈ ചൈതന്യം സത്യമല്ല അതുകൊണ്ടാണ് അതൊക്കെ അവിടെ കാണാത്തത് സംസൃഗംന്ന് വെച്ചാൽ സംബന്ധം ഒരു കോണ്ടാക്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും പ്രശ്നമാണ് തൽക്കാലം എന്താണ് മുമ്പോട്ട് പോകാൻ വേണ്ടി എന്ത് പറയാം ഒരു സംസ എന്താണ് ആ സംസർഗം എന്താ സംസർഗം എന്നൊരു ചോദ്യം വരും അപ്പൊ ആത്മാവിന് ശരീരമായിട്ട് സംസർഗമേ അധ്യസിക്കുന്നുള്ളൂ എന്താ സംസർഗം ആത്മാവിനെ എന്താണ് ഇങ്ങനെ ശരീരത്തോട് കെട്ടി വെക്കുകയാണ് പശുവിനെ കുറ്റി കെട്ടുന്നതിന് സംയോഗോ എന്ത് സംബന്ധം ഏതേന്നെ വേറെ ഇരിക്കാൻ പറ്റുന്നില്ല രണ്ട് വസ്തുക്കളുണ്ടെന്ന് ആദ്യം അംഗീകരിച്ചല്ലോ ഇതിങ്ങനെ എന്താണ് ഗുളിവ് വെച്ചോട്ടിക്കുകയാണ് എങ്ങനെയാ ആത്മാവിന്റെ സംബന്ധം ശരീരത്തിൽ വരുന്നതെന്ന് ചിന്തിക്കണ്ടേ എന്ത് സംബന്ധം വരും സംയോഗമാണോ സമവായമാണോ എന്ത് സംബന്ധമാണ് വരുന്നത് പലതരത്തിൽ സംബന്ധം വരാവില്ല ഇപ്പൊ ഞാൻ രണ്ടു കൈ ചേർത്ത് ചോദിച്ചു അതുപോലെ ആത്മാവ് ശരീരത്തോട് ചേരുകയാണ് ഞാൻ പിന്നെ എന്ത് സംബന്ധം അദ്വേദി വിട്ടു കൊടുക്കുന്ന ആളല്ലോ അദ്വേദി പറയുന്നതാണ് അതൊരു അനിർവചനീയ സംബന്ധമാണ് അനുവചനീയ നിർവചിക്കാൻ കഴിയത്തില്ല ആ സംബന്ധം എങ്ങനെ നിർവചിക്കാൻ കഴിയില്ല സത്വന്നോ അസത്വന്നോ നിർവചിക്കാൻ കഴിയാത്ത ഒരു സംബന്ധം മനസിലായോ ഇപ്പൊ ഈ പുസ്തകം ഉണ്ടോ അങ്ങനെ ഉണ്ട ശരി ഞാൻ ഇടുന്നൊരു സാധനം ഇവിടെ എന്റെ കൈക്കകത്ത് പേനയുടെ ഗ്യാപ്പുണ്ടോ നിങ്ങളുടെയോട് ചോദിക്കുകയാണ് എനിക്കറിയാം നിങ്ങളോട് ചോദിക്കാണ് എന്റെ കൈക്കകത്ത് പേനയുടെ ഗ്യാപ്പുണ്ടോ നിങ്ങളോട് ചോദിക്കാണ് ഉണ്ടോ ഇല്ലയോ ഇല്ല ഒരേ സമയം ഉണ്ടാകും ഇരിക്കും ഇല്ലായിരിക്കുകയും ചെയ്യും ഏ എന്തായാലും ഒന്നുകിൽ ഇതിനകത്ത് കാണും ഇല്ലെങ്കിൽ ഇല്ലായിരിക്കും രണ്ടാവസ്ഥല്ലേ ഉള്ളൂ പിന്നെ നിർവചിക്കാത്ത മൂന്നാമത്തെ അവസ്ഥ എന്തോ ഒന്നുകിൽ ഈ പേനയുടെ ക്യാപ്പ് എന്റെ കൈക്കാത്തുണ്ട് ഇല്ലെങ്കിൽ അപ്പൊ രണ്ടിലൊന്നല്ലേ കാണും രണ്ടിലെങ്കിലും ഒന്നല്ലേ പറയാൻ പറ്റൂ ഒന്നുകിൽ എന്ത് വരും അല്ലെങ്കിൽ ഇല്ലായിരിക്കും ചെലപ്പോ നിങ്ങൾ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാ എന്ത് വരും ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ ചെലപ്പോ ഞാൻ എന്താ മാജിക് ഇതിനകത്ത് കാണിച്ച് അപ്പോ എന്താണ് ഇത് ഉണ്ടെന്നോ ഇല്ലെന്നോ അങ്ങനെ ഒരു പക്ഷം ഇല്ല ഇവിടെ ഒന്നുകിലുണ്ട് അല്ലെങ്കിൽ ഇല്ല അപ്പൊ നിങ്ങള് പറയണ അങ്ങനെയല്ല ഈ പറഞ്ഞതുപോലെ വേദാന്തികള് പറയുമ്പോൾ എന്താ അത് കൊണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് ഏന്ന് പറഞ്ഞ എന്താ പറയണേ ഇതിന്റെ അതിപ്പോ ഞാൻ ജോയിണ് അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം മനസിലായോ ഏ അപ്പ നിങ്ങളിപ്പോ പറയാണ് ഈ പറഞ്ഞതുല വേദാന്തം കാണാൻ പിടിച്ച് പറയുന്ന ഇതുപോല പണ്ഡിതന്മാർ പറയുന്ന എന്താണ് അത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത് അറിയില്ല അപ്പൊ ആത്മാവിന് എന്താണ് ഈ ശരീരമായിട്ടൊരു സംബന്ധമുണ്ട് ആ സംബന്ധം അനുവജനീയം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അന്നാണ് അറിയത്തില്ല ഇവിടെക്കാണ് വേദാന്തത്തിൽ വരുന്ന കുഴപ്പം അദ്ദേഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകൾ ഉണ്ടായിക്കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഊരാക്കൊടുക്ക് കളിച്ചെന്നാണ് അപ്പോ അനുവചനീയം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് അറിയില്ല അത്രയേ സംബന്ധമുണ്ട് അനുവചനീയം എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നേ ഉള്ളൂ എന്റെ അർത്ഥം ഒന്നുകിൽ സംബന്ധം ഉണ്ടെന്നല്ലേ നിങ്ങള് പറയുന്നു അപ്പൊ ആ സമ്പത്ത് ഒന്നുകിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇല്ലായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം റിയില്ലായിരിക്കും ഒന്നില്ല അതവിടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇല്ലായിരിക്കണം അല്ലെങ്കിൽ അറിവില്ലായിരിക്കും അപ്പൊ പറയാൻ സംബന്ധമുണ്ട് പക്ഷെ അത് അനുപജനീയം എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ പറയുന്നവർക്ക് ആ സംബന്ധത്തെ കുറിച്ച് അറിയില്ല അറിയില്ലെങ്കിൽ പിന്നെ സംബന്ധം ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ചോദിക്കണ്ട എന്റെ എന്തെങ്കിലും കൊണ്ടുപോയെന്ന് ചോദിച്ചു റിയില്ല അറിയില്ലെങ്കിൽ പോരാൻ പറ്റുണ്ടെന്നു ഇല്ലെന്ന് പറയാൻ പറ്റു അറിയില്ലെങ്കിൽ രണ്ടും പറയാൻ പറ്റും മനസിലായോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും പിന്നെ ഇതൊക്കെ കാണാതെ പിടിച്ച് പറയുന്നവർക്ക് എന്റെ ഇതുപോലെയുള്ള പണ്ഡിതന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടി മനുഷ്യർക്ക് മനസ്സിലാകാൻ വയ്യാത്ത ഭാഷയിൽ പറയുന്നു കേൾക്കുന്ന ഭക്തന്മാരെന്തേരണ്ടി അപ്പോ ആത്മാവ് അനാത്മാവിൽ അധ്യസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം ആത്മാവ് നിത്യാവും അതുകൊണ്ട് പറയുന്ന ആത്മാവ് അനാത്മാവിൽ അധ്യസിക്കില്ല ആത്മാ സംസർഗം അനാത്മാവിൽ ഈ സംസർഗം എന്ന് പറയുമ്പോ എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടി അദ്വൈതിക്ക് പറയാൻ പറ്റും എന്താണ് അത് സത്തൊന്നും അസത്തൊന്നും പറയാൻ പറ്റില്ല അതൊരു അനൗവചനീയമാണ് എന്ന് പറഞ്ഞാ എന്റെ അടുത്തൊന്നാണ് ഇവർക്ക് അറിയത്തില്ല അതുകൊണ്ടല്ലേ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി സിമ്പിളായ ചോദ്യം ഇവിടെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അറിയത്തില്ല അദ്വൈതികൾ പറയണു എങ്ങനെ ഉണ്ടായി അദ്വേദികളുടെ കാഴ്ചപ്പുണ്ടെന്ന് പറയും മായ കൊണ്ടുണ്ടായി പ്രപഞ്ചത്തിന് കാരണം പാടാറിയോ മായോ മായ കൊണ്ടുണ്ടായെന്ന് പറയും ശരി എന്താണ് ഈ മായ അനുവജനീയം മായ എന്ന് പറയുന്നത് അണുവചനീയം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ല പ്രപഞ്ചം എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ എന്തോ ഉത്തരം അറിയില്ല ഇത്രയേ ഉള്ളൂ എങ്ങനെയെന്ന് വെച്ചാൽ അറിയില്ല ശങ്കര നാല് കാലം പറഞ്ഞു ആരങ്ങനെയും പൊക്കിയെടുക്കണം മനസ്സിലെ അപ്പൊ അങ്ങനെ അധ്യസിച്ചിട്ട് അന്യൂന്യസ്മിൻ അന്യൂന്യാത്മകഥ അന്യൂന്യധർമ്മം അധ്യസ്യ ഇതിരേതര അവിവേകേന രണ്ട് തമ്മിൽ എന്താണ് വിവേകജ്ഞാനമുണ്ട് വിവേകജ്ഞാനം അതായത് ആത്മാവ് വേറെയാണ് അനാത്മാവ് വേറെയാണെന്നുള്ള വിവേകജ്ഞാനമുണ്ട് വേറെ തീർച്ചയായുന്നില്ല അപ്പൊ അങ്ങനെ വേർതിരിച്ചറിയാത്തത് കൊണ്ടാണ് അധ്യസിക്കുന്നതെന്ന് പറയാം ഇങ്ങനെ അധ്യസിച്ചത് കൊണ്ടാണ് വേർതിരിച്ചറിയാത്ത രണ്ടു ശരിയാവും ആത്മാവും അനാത്മാവും തമ്മില് ഇങ്ങനെ അധ്യാസം ഒന്നായി പോയത് എന്തുകൊണ്ട് രണ്ടും തമ്മിലെ വേർതിരിച്ചുള്ള അറിവില്ലാത്ത ഇനി എന്തുകൊണ്ട് രണ്ടും തമ്മില് വേർതിരിച്ചറിയുന്നില്ല അപ്പൊ ഇതിലേതാ ഇതിലേതാ ആദ്യം സംഭവിച്ചത് രണ്ടും തമ്മില് അദ്ദേശം ഒന്നായി എന്തുകൊണ്ട് വേട്തിരിച്ച് എന്തുകൊണ്ട് വേദിച്ച് എറിയുന്നില്ല അദ്ദേശം അപ്പൊ ഇതിലേതാ ആദ്യം സംഭവിച്ചു ഏസിച്ചത് കൊണ്ട് അപ്പൊ അദ്ദേശിച്ചെന്തോണ്ട് അപ്പൊ വേദതിരിച്ചെറിയാത്ത എന്തുകൊണ്ട് ആദ്യം സംഭവിച്ചത് അതാണ് പറയുന്ന അനാദി അപ്പൊ അനാഗി എന്ന് പറഞ്ഞെന്താണ് നോക്ക് രണ്ടും തമ്മില് അദ്ധ്യസിച്ചു എന്ന് പറയും അന്നേ ഓടിച്ചേർ അധ്യസിച്ചു എന്തുകൊണ്ട് അദ്ധ്യസിച്ചു രണ്ടും തമ്മിൽ വേറെ തിരിച്ചറിയാൻ എന്തുകൊണ്ട് വേറെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അന്തസിച്ചു അപ്പൊ ആദ്യ സംഭവിച്ചത് ആദ്യ സംഭവിച്ചത് അനാദി അപ്പൊ അനാദി എന്ന് പറഞ്ഞ എന്താർത്ഥം അറിയില്ല ഈ പറയുന്നതല്ല എന്ത് കാര്യങ്ങളാണ് അറിയാത്ത കാര്യങ്ങളോ അറിയാത്ത കാര്യങ്ങൾ അത് പറയുന്ന മുഴുവൻ അനാദി എന്ന് പറഞ്ഞാ അറിയില്ല അതുകൊണ്ടാണ് എന്താണ് വേദാധികാരം നിരൂപണിപ്പിച്ചിട്ടൊന്നും സാങ്കോളം ഈ അനാദി അനാദി എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ വേറെ അർത്ഥമൊന്നുമില്ല മനസിലായി അനാദി എന്ന് എല്ലാരും പറയും പക്ഷെ എന്താ എന്റെ അർത്ഥം അറിയില്ല ഞാൻ ആദ്യം എന്ന ഇത് പഠിച്ചതാ പോയി േദാധികാരി നി പറഞ്ഞു അനാദി എന്ന് പറഞ്ഞ എന്താണ് അറിവില്ല എന്നാണ് എന്റെ അർത്ഥം അത് തീർന്ന അവിടെയല്ല ഈ പറയുന്ന മുഴുവെന്താണ് അറിവില്ലായ്മയാണ് പറയുന്ന മുഴുവൻ പക്ഷെ ഇതേപോലെയുള്ള പണ്ഡിതന്മാരെന്തെയും ഓരോന്നും കാണാതെ പഠിച്ചു വെച്ചിട്ട് ആൾക്കാരുടെ അടുത്ത് പറയും ആ രോഗരഹസ്യം ർക്കമേ അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഓർക്കുന്ന എന്താണ് അനാദി എന്നുള്ള ഒരു കാര്യം ഇല്ലെങ്കിൽ അദ്വൈതത് ഒരിക്കലും വിശദീകരിക്കാനേ പറ്റില്ല ഈ തരത്തിൽ വിശദീകരിക്കാൻ പറ്റില്ല അപ്പൊ അനാദിയെ സ്വീകരിക്കും അനാദി എന്ന് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു ആദ്യംന്ന് പറഞ്ഞാലോ ആദ്യം എന്ന് പറഞ്ഞാലും തുടക്കം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ തുടങ്ങി എന്നുള്ള കാര്യം ആദ്യമുണ്ട് ഈ പ്രപഞ്ചത്തിന് ആദ്യമുണ്ടെന്ന് പറയുന്നവരാണ് ആധുനിക സയന്റിസ്റ്റ് ആദ്യം എങ്ങനെ സംഭവിച്ചു അവർക്കറിയില്ല അതിനോട് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ആദ്യം അങ്ങനെ അറിയത്തില്ല അപ്പൊ മനുഷ്യ അന്വേഷിച്ചന്വേഷിച്ച് ചെന്ന് എവിടെ ചെന്നിരിക്കും അറിയില്ല എമ്മീ ചെന്നിക്കും മനുഷ്യെന്നും എത്ര കാലവും അന്വേഷിച്ച് അന്വേഷിച്ച് അറിയാൻ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചു പോയ അവസാനം എവിടെ ചെന്നയി അറിവില്ലായ്മ ചെന്ന് മുട്ടി പഴയ ആൾക്കാർ പറയുന്ന അളമുട്ടിയാ കടിക്കും എന്ന് പറയുന്നതാണ് അപ്പോ നമ്മള് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ചെന്ന് അളമുട്ട അളമുട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടിക്കുന്നത് എന്താതി അധ്യാസമാണ് ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും തൽക്കാലം രക്ഷപ്പെടാൻ പറ്റുന്നു ആധുനിക സയൻസിനായാലും ശരി അങ്ങനെ അവരും എന്താ പറയുന്നു ആ പ്രപഞ്ചം ഉണ്ടായതാണ് ആ എങ്ങനെയായിരുന്നുണ്ടായത് തുടക്കം അത് ഞാൻ കറിയില്ല പിന്നെങ്ങനെ അങ്ങനെ ഉണ്ടായിന്നു പറയും അതിനാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത് സിംഗുലാരിറ്റിയെ കുറിച്ച് അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് കുറച്ചൊക്കെ അറിയാം പിന്നെ എന്താണ് മനുഷ്യന് കുറെ ഒക്കെ അറിയാം പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ല മനുഷ്യന്റെ അവസ്ഥ ഏതാണ് എന്തായാലും നമ്മൾ മനുഷ്യരെ കുറിച്ച് എന്ത് പറയും സർവജ്ഞ എല്ലാം അറിയുന്നതിനാണെന്ന് പറയും അങ്ങനെ പറ്റും ചാർവാകമ്പരും ചാർവാകൻ ഇതൊന്നും അറിയത്തില്ലന്നോ സൃഷ്ടി ഉം ഉം അതല്ലേ പറഞ്ഞ അറിവില്ലാന്ന് പറഞ്ഞാൽ തീർന്നല്ലോ പിന്നെ കൂടുതൽ ചോദിക്കേണ്ട കാര്യ അറിവില്ലാന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നിന് നമ്മൾ വഴി ഇരിക്കുന്നു ഒരാൾ ചോദിക്കാണ് വർക്കലയ്ക്ക് പോകുന്ന അതുവഴി നമ്മൾ പറഞ്ഞ എനിക്കറിയില്ല പിന്നെ ചോദിക്കും പ്രശ്നം അപ്പോ ഇവിടെ പറയുന്ന എന്താണ് അധ്യസ് ഇതരേതൊരു അവിവേക ഇതരേതൊരു അഭിവേകം കൊണ്ട് വിവേകജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് നിമിത്തമായി പറയുന്നുണ്ട് മനസ്സിലാക്കാം എന്തുകൊണ്ട് അധ്യാസം സംഭവിക്കുന്നു ഇതിന് രണ്ടും തമ്മിലുള്ള വിവേകം വേർതിരിച്ചുള്ള ജ്ഞാനം ഇല്ല ആത്മാവിനിയാത്മാവിനെ അപ്പൊ എന്തുകൊണ്ട് രണ്ടും തമ്മിൽ വേർതിരിച്ചുള്ള ജ്ഞാനം ഇല്ല അത്യാസം തന്നെ പറയുന്ന വേറെ ഒന്നും പറയാനില്ല ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കുരുങ്ങു ശങ്കരാചാര്യൊക്കെ ഇങ്ങനെ അത്യാസം ഇതരേതര ഭാവുന്ന ശങ്കരാന്നാണ് ശങ്കരാക്തി ബുദ്ധി ഏത് അതല്ലേ പറയുന്നത് ഇതിരേതര അഭ്യാസം ഇതരേതൊര ഭാവം എന്ന് പറയുന്നതാണ് അധ്യാസം ചോദ്യം എന്താ ഇതരേതര ഭാവം അധ്യാസത്തിന് കാരണമെന്ന് എന്താ പറയുന്നു ഇതരേതര അവിവേകം ചങ്കരാകാര് കണ്ടുപിടിച്ചെങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതരേതര അവിവേകം കൊണ്ട് അധ്യാസം ഉണ്ടായി അപ്പോ ഈ ജന്മത്തിൽ എനിക്ക് അധ്യാസം ഉണ്ടായി ഇപ്പോ പൂർവ്വത്തിൽ എനിക്കെന്തുണ്ടായിരുന്നു ഇതരേതര അവിവേകം ഉണ്ടായിരുന്നു വിവേകം ഞാനില്ലായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ അധ്യാസം ഉണ്ടായി ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അനാദ്യം നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇതിന് പ്രശ്നം വരുന്ന എപ്പോഴാണ് ഇതിനൊരു തുടക്കത്തെ കല്പിക്കുമ്പോഴാണ് ഇതിന് തുടക്കമില്ല ഇതിൻ്റെ ഒരു തുടക്കം ആദ്യം ഇതരേതൊരു അവിവേകം പിന്നീട് അധ്യാസം അങ്ങനെ പറയാൻ പറ്റുന്നു അധ്യാസം കഴിഞ്ഞ് ഇതരേതൊരു അവിവേകം ഇതരേതൊരു അവിവേകം കഴിഞ്ഞ് അധ്യാസം എങ്ങനെയാണോ വിത്തിൽ നിന്ന് വൃക്ഷം വൃക്ഷത്തിൽ നിന്ന് വിത്തന്നുണ്ടെങ്കിൽ ഇത് പ്രവാഹ അനാദിയായി ഇങ്ങനാണെന്നുണ്ടെങ്കിൽ ഇതാണ് ശങ്കരാചാര്യ സിദ്ധാന്തം തുടക്കം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം തുടക്കം എന്ന് പറയുന്ന ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പോഴെന്താ പ്രശ്നം ശങ്കരാചാര്യെന്നൊക്കെ യുക്തി കൊണ്ട് സമാനം പറയുന്നു ഒരു യുക്തി കൊണ്ട് സമാനം പറഞ്ഞു അതായത് ഗർബൽ ലോജിക് എന്ന് പറയും വാചവോ യുക്തികൾ യുക്തികൾ പ്രയോഗിച്ചിട്ട് ഒരു സിദ്ധാന്തത്തെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന എന്തുകൊണ്ട് അധ്യാസം ഉണ്ടായി ഇതിനെതിരെ അഭിയോഗം ഉണ്ട് ആ ഇതിനെതിരാവിയോഗ്യാസുണ്ട് അതിപ്പോ മുമ്പ് മുമ്പെന്ന് പറഞ്ഞു അതിനു മുമ്പ് അതിനും ബന്ധ അതിനു മുമ്പ് അതിനുമുമ്പെന്ത അതിന് തുടക്കമില്ല പ്രശ്നം എന്താ തേർന്നു തുടക്കമില്ല പ്രശ്നം എന്താ അതിനാണ് അനാദിയ സീല പിന്നെ പറയുന്ന എന്താണ് അത്യന്ത വിയുക്തയോഹോ ധർമ്മധർമ്മിണോഹോ അത്യന്ത ഭിന്നമാണ് ധർമ്മങ്ങളും ധർമ്മികളും വിയുക്തം എന്ന് വെച്ചാൽ ഭിന്നങ്ങളാണ് മനസ്സിലായോ അത്യന്തം ഭിന്നങ്ങളാണ് എന്ത് രണ്ട് ധർമ്മികളും അവയുടെ ധർമ്മങ്ങളും അതാണ് അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ അത്യന്ത വിവിക്തെന്ന് വെച്ചാൽ ഭിന്നങ്ങളാണ് ധർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മി എന്ന് പറയുമ്പോൾ അത്യന്തം ഭിന്നമാണ് അവയുടെ മിഥ്യാജ്ഞാന നിമിത്ത അവയുടെ മിഥ്യാജ്ഞാനം എന്ന് വെച്ചാൽ അധ്യാസ് മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞ അവയുടെ താതാമ്യം കൊണ്ട് മിഥ്യാജ്ഞാന നിമിത്ത അതുകൊണ്ടാണ് വ്യവഹാരം അന്വേഷിക്കുന്നത് അവിടെ സത്യാനൃതയും വിഥിനീകൃതി സത്യവും അനർദവും തമ്മിൽ ഒന്നായി ചേർന്നു അതായത് സത്യം എന്താണ് ആത്മാവ് അനൃത്വം എന്താണ് ശരീരം രണ്ടും കൂടെ എന്തായി ഒന്നായത് ആണ് ഒന്നാമറുണ്ട് ം അനാദിയായിട്ടുള്ള ലോകവ്യവാരം ഇങ്ങനെയുള്ള ഈ ലോകവ്യവഹാരം ഞാനെന്നും എന്റേതെന്നും എല്ലാന്ന് പറയുന്ന ഈ ലോകവ്യവഹാരം അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ായി ഈ വ്യവഹാരം എന്ന് പറഞ്ഞതാണ് ഞാൻ എന്ന് പറയുക ചിന്തിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നൊക്കെയാണ് വ്യവഹാരം അത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇവിടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ വാക്കിൽ തരേണ്ടത് രണ്ടും ഒന്നായി അനാദിയായിട്ട് അതൊന്നാണ് എന്തുകൊണ്ട് ഇത് രണ്ടും വേർതിരിച്ചറിയുന്നില്ല എല്ലാത്തിനും ഇത്ര അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വ്യവഹാരവും അനാദിയായിട്ടുണ്ട് അപ്പോ ഇവിടെ അനാദി എങ്ങനെ വരും ഒരു ഒരു ജീവനെ എടുത്തു കഴിഞ്ഞാൽ പൂർവപൂർവ്വ പൂർവ പൂർവ്വ ജന്മങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സൃഷ്ടിയെടുത്തു കഴിഞ്ഞാൽ ഓരോ കല്പത്തിലും പൂർവപൂർവ്വ കൽപ്പങ്ങളിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നും അത് തുടങ്ങി തുടക്കം ഇല്ല തുടക്കമുണ്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാകും ആദ്യം കോഴിയാണോ ഉണ്ടായത് എഗാണോ ഉണ്ടായതെന്ന് ചോദിക്കും തുടക്കമില്ലെന്ന് പറഞ്ഞാലോ തുടക്കമില്ലെന്ന് പറഞ്ഞ അനുവിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല കോഴി അനാദിയാണ് മുട്ടയും അനാദിയാണ് അനു ഒരാദി ഇല്ല വിത്ത് അനാദിയാണ് വൃക്ഷവും ാണ് രണ്ടിനും തുടക്കമിണ്ട് അങ്ങനെയൊക്കെയാണ് മ് mm -hmm.